ധ്യായം മുപ്പത് അനന്തരം യഹിസ്ക്യാവ് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കേണ്ടതിന് യരുഷലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രയേലിന്റെയും യഹൂദയുടെയും അടുക്കൽ ആളയച്ചു യഫ്രൈമിനും മനശിക്കും എഴുത്തുമെഴുതി രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കണമെന്ന് രാജാവും അവന്റെ പ്രഭുക്കന്മാരും എരുഷലേമിലെ സർവസഭയും നിർണയിച്ചിരുന്നു പുരോഹിതന്മാർ വേണ്ടുന്നത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനമെരുഷലേമിൽ ഒരുമിച്ചുകൂടാതെയും ഇരുന്നതുകൊണ്ട് സമയത്തത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ആ കാര്യം രാജാവിനും സർവസഭയ്ക്കും സമ്മതമായി ഇങ്ങനെ അവർ യരുഷലേമിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പാൻ വരേണ്ടതിന് ബെർഷെബ മുതൽ ദാൻ വരെ എല്ലാ ഇസ്രയേലിന്റെ ഇടയിലും പരസ്യമാക്കണമെന്ന് ഒരു തീർപ്പുണ്ടാക്കി അവർ ബഹു കാലമായിട്ട് അത് വിധി പോലെ ആചരിച്ചിരുന്നില്ല അങ്ങനെ ഓട്ടാളർ രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും എഴുത്തുകൾ എല്ലാ ഇസ്രയേലിന്റെയും യഹൂദയുടെയും ഇടയിൽ കൊണ്ടുപോയി രാജകൽപനപ്രകാരം പറഞ്ഞത് എന്തെന്നാൽ ഇസ്രയേൽ മക്കളെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ നിങ്ങൾ അശുർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ശേഷിപ്പിന്റെ അടുക്കലേക്ക് തിരിയേണ്ടതിന് നിങ്ങൾ അവന്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊള്ളു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് അകൃത്യം ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെ നിങ്ങളാകരുത് അവനവരെ നാശത്തിന് ഏൽപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ കാണുന്നുവല്ലോ ആകയാൽ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ദുശാഠ്യം കാണിക്കരുത് യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊൾവീൻ അവൻ സദാകാലത്തേക്കും വിശുദ്ധീകരിച്ചിരിക്കുന്ന അവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളെ വിട്ടുമാറേണ്ടതിന് അവനെ സേവിപ്പി നിങ്ങൾ യഹോവയെങ്കിലേക്ക് വീണ്ടും തിരിയുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരുണ ഈ ദേശത്തിലേക്ക് മടങ്ങിവരും നിങ്ങളുടെ ദൈവമായ യഹോവ കൃപയും കരുണയുമുള്ളവനല്ലോ നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു അവൻ നിങ്ങളെ നോക്കാതെ മുഖം തിരിച്ചു കളയുകയില്ല അങ്ങനെ ഓട്ടാളർ യഫ്രൈമിന്റെയും മനശയുടെയും ദേശത്ത് പട്ടണം തോറും സെബൂലൂൻ വരെ സഞ്ചരിച്ചു അവരോ അവരെ പരിഹസിച്ച് നിന്നിച്ചു എങ്കിലും ആശയലും മനശയിലും സെബൂലൂനിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി എരുഷലമിലേക്ക് വന്നു യഹൂദയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐകമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു അങ്ങനെ രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിപ്പാൻ ബഹുജനം ഏറ്റവും വലിയൊരു സഭയായി എരുസലേമിൽ വന്നുകൂടി അവർ എഴുന്നേറ്റ് യരുശലേമിലുണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞു സകല ധൂപകലശങ്ങളെയും എടുത്ത് ഖിദുറൻ തോട്ടിൽ എറിഞ്ഞുകളഞ്ഞു രണ്ടാം മാസം തീയതി അവർ പെസഹ അറുത്തു എന്നാൽ പുരോഹിതന്മാരും ലേവ്യരും ലജ്ജിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ ആലയത്തിൽ ഹോമയാഗങ്ങളെ കൊണ്ടുവന്നു അവർ ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണ തങ്ങൾക്കുള്ള വിധിയനുസരിച്ച് തങ്ങളുടെ സ്ഥാനത്ത് നിന്നു പുരോഹിതന്മാർ ലേവ്യറുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിലുണ്ടായിരുന്നു അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തനുവേണ്ടി പെസഹ അറുത്ത് യഹോവയ്ക്ക് നിവേദിക്കേണ്ടതിന് ലേവ്യർ ഫരമേറ്റിരുന്നു വലിയൊരു ജനസമൂഹം യഫ്രൈമിൽ നിന്നും മനശയിൽ നിന്നും ഇസാഖാരിൽ നിന്നും സെബോലൂനിൽ നിന്നുമുള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രകാരത്തിൽ പ്രസഹ തിന്നു എന്നാൽ യഹിസ്ക്യാവ് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സുവെക്കുന്ന എല്ലാവിനോടും ദയാലുവായ യഹോവെ ക്ഷമിക്കണമേ എന്നു പറഞ്ഞു യഹോവ യഹിസ്കാവിന്റെ പ്രാർത്ഥന കേട്ടു ജനത്തെ സൗഖ്യമാക്കി അങ്ങനെ എരുഷലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ഏഴു ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു ലേവ്യരും പുരോഹിതന്മാരും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിവസം പ്രതിയും യഹോവയെ സ്തുതിച്ചു യഹിസ്ഗ്യാവ് യഹോവയുടെ ശുശ്രൂഷയിൽ സാമർഥ്യം കാണിച്ച എല്ലാ ലേവ്യരോടും ഹൃദ്യമായി സംസാരിച്ചു അവർ സമാധാനയാഗങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ സ്തുതിച്ചും കൊണ്ട് ദിവസം ഉത്സവം ഘോഷിച്ച് ഭക്ഷണം കഴിച്ചു പിന്നെയും ഏഴു ദിവസം ഉത്സവമാചരിപ്പാൻ സർവസഭയും നിർണയിച്ചു അങ്ങനെ അവർ വേറെ ഏഴു ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു യഹൂദരാജാവായ യഹുസ്ഗ്യാവ് സഭയ്ക്ക് ആയിരം കാളയെയും ഏഴായിരം ആടിനെയും കൊടുത്തു പ്രഭുക്കന്മാരും സഭയ്ക്ക് ആയിരം കാളയെയും പതിനായിരം ആടിനെയും കൊടുത്തു അനേകം പുരോഹിതന്മാർ തങ്ങളെ വിശുദ്ധീകരിച്ചു യഹൂദയുടെ സർവസഭയും പുരോഹിതന്മാരും ലേവിരും ഇസ്രയേലിൽ നിന്ന് വന്ന സർവസഭയും ഇസ്രായേൽ ദേശത്തുനിന്നു വന്ന് യഹൂദയിൽ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു അങ്ങനെ യെരുഷലേമിൽ മഹാസന്തോഷം ഉണ്ടായി ഇസ്രയേൽ രാജാവായ ദാവീദിന്റെ മകൻ ഷലോമോന്റെ കാലം മുതൽ ഇതുപോലെ യരുഷലേമിൽ സംഭവിച്ചിട്ടില്ല ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവന്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിൽ എത്തുകയും ചെയ്തു